പിന്നിലായിപ്പോയ ഗ്രാമീണർ നിങ്ങളോട് ഇപ്രകാരം പറയും ഞങ്ങളുടെ സമ്പത്തും കുടുംബവും ഞങ്ങളെ വ്യാപൃതരാക്കി അതിനാൽ ഞങ്ങൾക്കുവേണ്ടി പാപമോചനം തേടുക അവരുടെ ഹൃദയങ്ങളിലില്ലാത്ത കാര്യങ്ങളാണ് അവർ നാവുകൊണ്ട് പറയുന്നത് അല്ലാഹു നിങ്ങൾക്ക് ദോഷം വരുത്താനോ അല്ലെങ്കിൽ ഗുണം വരുത്താനോ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കുവേണ്ടി ആർക്കാണ് തടയാൻ കഴിയുക മറിച്ച് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി അല്ലാഹു സുബഹാനഹുവ ചായാല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു